എന്റെ ദാസരെ രാത്രിയിൽ കൊണ്ടുപോവുക എന്നും കടലിലൂടെ അവർക്കായി ഒരു ഉണങ്ങിയ വഴി ഉണ്ടാക്കുക എന്നും മൂസ അലേഹിസ്സലാമിന് നാം വെളിപ്പെടുത്തിക്കൊടുത്തു പിന്തുടരപ്പെടുമെന്ന് താങ്കൾ ഭയപ്പെടേണ്ടതില്ല ആശങ്കപ്പെടുകയും വേണ്ട